ഇവിടെ ഭഗവാൻ ഇവരെയൊക്കെ മെഴുങ്ങുന്നത് കാണുകയാണ് മെഴുങ്ങാന്ന് വെച്ചാൽ വിത്ത് ഡിലൈറ്റ് ഭഗവാൻ അങ്ങനെ നാവ് ഇങ്ങനെ പുറത്തേക്കിട്ടിട്ട് ഉള്ളിലേക്ക് അങ്ങനെ എടുക്കുകയാണ് ലേലിഹ്യസേ നല്ല രുചിയായിട്ട് നുണയാണ് ഇവരും ഭഗവാന്റെ വായുടെ ഉള്ളിലേക്ക് എങ്ങനെയാ പോണത് അതാണ് അടുത്ത ശ്ലോകം നോക്കൂ വക്താണിത്തെ ത്വരമാണാ വിശന്തി ി ഭയാനിലുർണിതീ നല്ല പിക്ചറാ ഇവിടെ അർജുനൻ കാണുകയാണ് മുമ്പല്ലേ അപ്പോ ഈ പോകുന്ന ആളുകൾ എങ്ങനെയാന്ന് വെച്ചാൽ പതുക്കെ പതുക്കെ നീ മുമ്പ് പോയ്ക്കോ ഞാൻ പിന്നാലെ വരാമെന്നൊന്നും പറയണില്ല പിന്നാലെ നിൽക്കുക എന്നാണ് വരണത് വരണവരോടൊക്കെ ത്വരമാണാഹ തള്ളി പുറകോട്ട് തള്ളിയിട്ട് ഗുരുവായൂർ ക്യൂവിൽ നിൽക്കുന്ന ആളുകളുടെ ഇടികൊണ്ടിട്ടുണ്ടോ നിങ്ങളുടെ അതുപോലുള്ള ബലം ത്വരമാണാഹ അത്രയ്ക്ക് ത്വരയോടുകൂടിയാണ് കാരണം ഭഗവാന്റെ അടുത്ത് ഒന്നാവാൻ പോവാണ് അത് മൃത്യു ആവട്ടെ ഏത് ഫോമിലാവട്ടെ ഡൈ എൻ ബിക്കം വൺ വിദ്യം അത്രയേ ഉള്ളൂ ത്വരമാണാ വിഷന്തി അത്ര വേഗത്തോടെ പോവാണ് എവിടേക്കാ പോകണം ധംഷാകരാളെയാണ് വലിയ വലിയ പല്ല് അതിൻ്റെ ഉള്ളിലേക്ക് ചിലരൊക്കെ വിലഗ്നാഹ പല്ലുകൾക്ക് എടുക്കല് ചില സാധനങ്ങളൊക്കെ നമ്മൾ തിന്ന് കഴിഞ്ഞാൽ അവിടെ എവിടെ പോയി കുടുങ്ങില്ലേ അപ്പൊ ഭഗവാൻ ഇങ്ങനെ വരലിട്ടിട്ട് എടുക്കണ്ടത്ര എടുത്തിട്ട് ഉള്ളിലേക്ക് ആക്കണ്ടെന്ന് വിലഗ്നാഹ ദശനാന്തരേഷു ചൂർണിതൈ ഹി ഉത്തമാ തലയൊക്കെ അവരുടെ തലയൊക്കെ പൊടി പൊടിയായിട്ട് തീർന്നിരിക്കാം ചൂർണം പോലെ ചൂർണം എന്ന് വെച്ചാൽ പൊടിയാണല്ലോ ഏ ചൂർണമായിട്ട് തീർന്ന് ഇവിടെയൊക്കെ ഈ ദന്തതാവന ചൂർണം പോലെ അവിടെ ഇവിടെ കിടക്ക ഭഗവാൻ അതൊക്കെ എടുത്തിട്ട് പിന്നെ ഉള്ളിലേക്ക് ആക്കുക ദശനാന്തരേഷു സന്ദർശ്യൻ്റെ ചൂർണി തൈർ ഉത്തമാങ്കൈ ഉത്തമാങ്കന്ന് വെച്ചാൽ തല തലയൊക്കെ അങ്ങനെ പൊടി പൊടിയായിട്ട് യ നദീനേഗാ സമുദ്രമേവാമുഖാ ദ്രവേമരലോകവീരാ വിശന്തി വക്ണി അഭിവിജ്വലത്തി അംബു വേഗം അനേകം നദികൾ വളരെ വേഗത്തോടു കൂടെ ഒഴുകി വന്ന് സമുദ്രത്തിൽ ചെന്ന് ലയിക്കുന്നു സമുദ്രത്തിൽ ലയിച്ചു കഴിഞ്ഞാൽ പേരും രൂപവും ഒന്നുമില്ല യഥാ നദ്യ സ്യന്തമാനം സമുദ്രേ അസ്തം ഗീ നാമരൂപേ വിഹായ ാമരൂപാ വിമുക്ത പരാത് പരം പുരുഷമുപൈവ്യം നദികളൊക്കെ സമുദ്രത്തിൽ ചേരുന്ന പോലെ സമുദ്രമേ അഭിമുഖാ ദ്രവീ തരലോകീരാ വീരന്മാര് ഇവരൊക്കെ ആരാന്ന് വെച്ചാൽ ലോകത്തിലെ മിടുമിടുക്കന്മാർ ഒക്കെ അവിടെ പോകുമ്പോ ഒരേ പുറത്തേന് അല്ലേ ലോകത്തില് വലിയ ആളുകളാണ് വലിയ വല്യ കാര്യം സാധിച്ച ആളുകളാണ് ഈശ്വരനെടുത്തോ മൃത്യുവിനെടുത്തോ വല്ല വിലയുണ്ടോ ഒന്നുമില്ല നറലോക വീരാഹ വിശന്തി വക്രാണി ഭഗവാന്റെ ആ വായുടെ ഉള്ളിലേക്ക് നദികൾ സമുദ്രത്തിലേക്ക് പോകുന്ന പോലെ വേഗമായിട്ട് പോയിക്കൊണ്ടിരിക്കുക നമ്മളെ ജീവിതമൊക്കെ അങ്ങനെയാണേ ഓരോ ദിവസം കഴിയും തോറും ആയുർ നശ്വതി പശ്യതാമം പ്രതിദിനം ഒരു ഒരു ദ്വാരമുള്ള കുടത്തിൽ വെള്ളം പോണം പോലെ ചില കലണ്ടർ ഇങ്ങനെ ചീന്തി എടുക്കലേ ഒരു ദിവസം കഴിഞ്ഞു ഒരു ദിവസം കഴിഞ്ഞു ഒരു ദിവസം കഴിഞ്ഞു പത്ത് പതിനാല് വർഷമായി കൊച്ചിയില് പ്രഭാഷണം തുടങ്ങിയിട്ട് എന്താ പ്രയോജനം കാലം പോയി ടൈം പോയി ചില ആളുകളൊന്നും ഇല്ല അന്നുണ്ടായിരുന്ന ആളുകളൊന്നും ഇല്ല പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് എവിടക്കോ പോയിക്കൊണ്ട് വിശന്തി നാശായ ഈ പാറ്റകള് തീല് വീഴില്ലേ അതാണ് ഇനി പറയാൻ പോണ എക്സാമ്പിൾ അതുപോലെ ആ സർവേശ്വരന്റെ കാലപുരുഷന്റെ വായിലിക്കണപ്പ യാത്ര യോഗവാസി ഇഷ്ടത്തിൽ കാലം പറയണു എത്ര ബ്രഹ്മാക്കളെ ഞാൻ വിഴുങ്ങിക്കഴിഞ്ഞു എത്ര ദേവതകളെ വിഴുങ്ങിക്കഴിഞ്ഞു ആരൊക്കെ കഴിഞ്ഞു ഭാഗവതത്തിൽ അവസാനം ഒരു ശ്ലോകമുണ്ട് ഈ രാജാക്കന്മാരുടെയൊക്കെ കഥ എന്തിനാന്ന് പറഞ്ഞു പറഞ്ഞതെന്ന് വെച്ചാൽ വലിയ വലിയ രാജാക്കന്മാരെ ലോകം രാജാക്കന്മാരുടെ കഥയൊക്കെ പറഞ്ഞു എന്തിനാ പറഞ്ഞു അവരും ചത്തുപോയി എന്ന് പറയുന്നത് ോകേഷു യശ അവര് ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്തവരാണ് ചരിത്രം സൃഷ്ടിച്ചവരാണ് എന്നിട്ടോ പറയി എവിടെ പോയി പോയി കഴിഞ്ഞു മരിച്ചു മരിച്ചു എന്നുവെച്ചോ പൂന്താനം പറഞ്ഞു കൃപകൂടാതെ പീഡിപ്പിക്കുന്ന എന്താ എന്താ അരിയോ ഏ എന്തോ സാധനം വെച്ചോ കൃപ കൂടാതെ പീഡിപ്പിച്ചിടുന്ന നിർപഞ്ചത്ത് ഓരിയായി പിറക്കുന്നു അല്ലേ കിളിയോ എന്താണ് കൃമി ആ കൃമിയായിട്ട് നിർബഞ്ചത്ത് കൃമിയായി പിറക്കുന്നു കൃമിയായിട്ട് പോയിരുന്നു രാജാവ് ആലോചിച്ചു നോക്കും കൃപ കൂടാതെ പീഡിപ്പിച്ചു എല്ലാരെയും പീഡിപ്പിച്ച് രാജാവായിട്ട് തീർന്ന നൃപന് അയാള് ചത്തിട്ട് ഒത്തിരി ഒരു വലിയ ജന്മം കിട്ടിയെന്ന് വെച്ചാൽ കൃമിയായി പിറക്കും അങ്ങനെ ഡ്രെയിനേജില് ഒരു കുഴുവോ പാറ്റോ ഒക്കെ ആയിട്ട് കിടക്കാന്നാണ് നിർബന്ധത്തിൽ കൃമിയായി പിറക്കുന്നു അല്ലെ വലിയ വലിയ നൃപന്മാര് ആലോചിച്ചു നോക്ക ഹൈദരാലി ആരൊക്കെയോ വന്നു ഇവിടെ എന്തൊക്കെയോ പിടിച്ചടക്കാനായിട്ടൊക്കെ വന്ന ആളുകളുണ്ട് ഇവിടെ അവരൊക്കെ എന്തായി അശോക ചക്രവർത്തി ഒക്കെ പോയി എല്ലാരും പോയി എവിടെയോ പോയി എല്ലാം അവരുടെ കാലമൊക്കെ കഴിഞ്ഞു ഒക്കെ വിശന്തി വക്വിജ്വലി അടുത്ത ശ്ലോകം യഥാദീത ജ്വലം പതംഗ വിശാ സമൃദ്ധവേഗാ തശി ലോക തവാണി സമൃദ്ധ വേഗാ യഥാ പ്രദീപ്തം ജ്വലനം പതംഗ വിശന്തി നല്ലവണ്ണം ജ്വലിക്കുന്ന തീ കൊളുത്തിവെച്ചാൽ എന്തിനാ ഈ പാറ്റ അതിനകത്തൊന്നും വീണ അറിയില്ല അതിന് ഇറസിസ്റ്റബിൾ അട്രാക്ഷൻ അതിന് വിട്ടു നിൽക്കാൻ വയ്യ തീ കണ്ടിട്ട് അതിനകത്തേക്ക് പോയി വീഴുക വിശന്തി നാശായ നാശത്തിനായി കൊണ്ട് അതിനകത്തേക്ക് ചെന്ന് വീഴുകയാണ് സമൃദ്ധം ഫുൾ ഫോഴ്സ് അതങ്കങ്ങൾ പോയി വീഴുന്ന പോലെ ഈ ലോകമൊക്കെ തന്നെ നിന്റെ മുഖത്തിലേക്ക് വേഗം കൂടിക്കൂടി കൂടി വന്ന് ചെന്ന് വീഴുന്നു ഹേ ഭഗവാന് ഭഗവത്ഗീത കേൾക്കാൻ വന്നിരുന്നിട്ട് ഇത് തന്നെയാണ് ഇപ്പൊ കേൾക്കണത് എന്താ ചെയ്യ വിശ്വരൂപ ദർശനത്തിന്റെ ഒരു കഥയാണത് നമ്മള് മുമ്പില് മരണത്തിനെ കണ്ടിട്ടില്ലെങ്കിൽ അമൃതത്വം അറിയാൻ പറ്റില്ല ഇവിടെ നാശമുണ്ട് ദുഃഖുണ്ട് വിഷമുണ്ട് ഈ കാണുന്ന വിശ്വരൂപത്തിന്റെ നല്ല വശവും ഭയങ്കരമായ മുഖവും കാണണം ലോകത്തിലെ വലിയ വലിയ ആളുകളെയൊക്കെ കണ്ട് എല്ലാവർക്കും ആഗ്രഹമാണ് അവരെ പോലെ ആകണം അവരെ പോലെ ആകണം എന്തെങ്കിലുമൊക്കെ ആവണം ഭഗവാനെ ഭജിക്കണത് തന്നെ അതിനാണ് നമ്മുടെ അവിടെ ഒരു ഗീതയൊക്കെ പറയുന്ന ഒരാളുണ്ടായിരുന്നു അദ്ദേഹം പാട്ടുപാടും ദൈവമേ കൈതൊഴാം കാക്കുമാറാകണേ പ്രസിദ്ധമായ പാട്ടാണല്ലോ കാക്കുമാറായിട്ടില്ലെങ്കിലും ഒരു കാക്കുമാരെങ്കിലും ആക്കണേന്നാണ് ഒരു കുമാർ പറഞ്ഞിട്ട് ഒരാൾ ഉണ്ടായിരുന്നു വലിയ പണക്കാരനാണെന്നാണ് ദൈവമേ കൈ തൊഴാൻ കെ കുമാർ ആകണേ കെ ഒരു കാക്കുമാർ എന്തിനാണെന്ന് വെച്ചാൽ പ്രാർത്ഥന എന്താന്ന് വെച്ചാൽ വലിയ പണക്കാരനായിട്ടത് അദ്ദേഹം ഒരിക്കലും ഞങ്ങളുടെ അവിടെ ഈ പ്രഭാഷണം ചെയ്യും അദ്ദേഹത്തിന് അറിയില്ല അദ്ദേഹം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്ക മുമ്പില് ശരിക്കും ഒരു പണക്കാരനായ ഒരാൾ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പേര് കെ ഇതൊക്കെ അറും പറ്റാന്ന് പറയില്ലേ നമ്മൾ അതുപോലെ എന്തോ വലിയ ആളുകൾ അവരെ കണ്ടുകഴിഞ്ഞാൽ നമുക്ക് ആഗ്രഹം അവരെ പോലെ ആവണം അവരെടുത്ത് ചെന്ന് ചോദിക്കൂ അതാണ് അവിടെ അർജുനൻ പറയണത് ഈ രാജ്യത്തിന് വേണ്ടി കൊതി പൂണ്ടിട്ടാണല്ലോ വലിയച്ഛനും ചെറിയച്ഛനും പേരക്കുട്ടികളും ഏട്ടനും അനിയനും ഒക്കെ കയ്യിൽ ആയുധം എടുത്തെന്നാണല്ലാതെ വന്ന് നിക്കണത് ഭഗവാൻ ആദ്യം തന്നെ വിളിച്ചു കഴിഞ്ഞു മോസ്റ്റ് അൺസിവിലൈസ്ഡ് ലോട്ട് ഓഫ് പീപ്പിൾ ഭഗവാൻ മുമ്പ് തന്നെ പറഞ്ഞു നാലാമത്തെ അധ്യായത്തിൽ തന്നെ പറഞ്ഞു ഇതുവരയ്ക്ക് ഇത്രയധികം ഒന്നിനും കൊള്ളാത്ത രാജാക്കന്മാരുണ്ടായിട്ടില്ല എന്നാണ് പറഞ്ഞത് നമ്മൾ വിചാരിക്കണു മഹാഭാരതത്തിലൊക്കെ മഹാകേമന്മാരാണെന്നാണ് കൃഷ്ണൻ പറയണത് ആ ഞാൻ പണ്ട് വിവസ്വാൻ ഉപദേശിച്ചതൊക്കെ നഷ്ടപ്പെട്ടിട്ട് ഒരു പറ്റം വിവരമില്ലാത്ത ജന്മങ്ങളാണ് കയ്യിൽ അമ്പും വില്ലുമായിട്ട് അങ്ങടും ഇങ്ങടും വന്ന് നിൽക്കുന്നത് നിങ്ങളൊന്നും നന്നാക്കാൻ പറ്റില്ല അതുകൊണ്ട് തീരുമാനിച്ചിരിക്കുകയാണ് കശാപ്പുതി എന്നാണ് നന്നാക്കാനൊന്നും പറ്റില്ല വേറെ വഴിയില്ല എന്നാണ് എല്ലാം തീർത്താലേ ഒരു പുതിയ ജനറേഷൻ വരാൻ വല്ല വഴിയുള്ളൂ അപ്പൊ അർജുനന്റെ മുമ്പിൽ കാണിച്ചു കൊടുക്കുമ്പോൾ അർജുനൻ കണ്ടുകൊണ്ട് പറയാണ് തീയിലേക്ക് വീഴുന്ന ഈയാമ്പാറ്റകളെ പോലെ ചെന്ന് വീണ് ഇല്ലാതാവുന്ന രാജാക്കന്മാരെ ഞാൻ കാണുന്നു ഭഗവാനെ അവരൊക്കെ ചെന്ന് ഉള്ളിൽ വീഴുമ്പോ ഞാൻ മുമ്പ് പറഞ്ഞില്ലേ നോക്കൂ അടുത്തതും അതാണ് സമതാത് ലോകാൻ സമഗ്രാൻ വതനേർജ്വലഭിഹി തേജോബിരാപൂര്യ ജഗത് സമഗ്രം ബാസസ്ഥവഗ്രാഹ പ്രി വിഷ്ണു നല്ലവണ്ണം നോക്കണം അർജുനൻ ഇവിടെ ഒരു ശ്ലോകത്തിലും ഹേ കൃഷ്ണ വാസുദേവെന്നല്ല വിഷ്ണു വിഷ്ണു വിഷ്ണു ലേലിഹ്യസേഗ്രസമാന സമതാത് ോകാൻ സമഗ്രാൻ വദനൈർജ്വലി തേജോഭിരാപൂര്യ ജഗത് സമഗ്രം ഭാസസ്ഥവഗ്രാ പ്രതപന്തി വിഷ്ണു ഹേ വിഷ്ണുജ്വലി വരനൈ സമതാ ഗ്രസമാന ഈ സമഗ്രമായ ലോകത്തിനെയും നാലു വശത്തക്കും വ്യാപിക്കുന്ന നാവുകൊണ്ട് ഗ്രസിക്കുകയാണ് പിടിച്ചു വിഴുങ്ങാണ് എന്നിട്ട് ലേലിഹ്യസെ നൊണയാത്ര നാവ് ഇങ്ങനെ നാവ് ഇങ്ങനെ പുറത്തിട്ടിട്ട് നല്ല രുചിയാണെങ്കിൽ അങ്ങനെ ചുണ്ടിലൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നാവ് പുറത്തിട്ടിട്ട് ഇങ്ങനെ എടുക്കില്ലേ അതുപോലെ ഭഗവാൻ അങ്ങടെ വലിച്ചെടുക്കുകയാണെന്നാണ് ലേലിഹ്യസേ ഗ്രസമാന സമന്താത് രുചി നോക്കുന്നു ഭഗവാന് നമ്മളൊക്കെ നല്ല രുചിയായ ഫുഡാണ് ചിലപ്പോ പല്ലി ഭക്ഷിക്കണേ കണ്ടിട്ടില്ലേ അല്ലേ ഇനി പോയിട്ട് പാറ്റയെ പിടിച്ച് അങ്ങനെ നാവ് പുറത്തിട്ട് അങ്ങനെ ഉള്ളിലേക്ക് എടുക്കും അതാണ് ലേലിഹ്യസ് അങ്ങനെ ഭഗവാന്റെ ഒന്ന് ആലോചിച്ച് നോക്കൂ ഇങ്ങനെ ഒരു വിശ്വരൂപമാണ് നമ്മൾ കണ്ടതെങ്കിൽ നമ്മൾ ഇരിക്കുമോ ഏതോ ഭഗവാന്റെ ദർശനം കിട്ടണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ ഒരു ദർശനം കിട്ടിയാലേ എന്നാലോചിച്ച് നോക്കൂ അർജുനന്റെ സ്ഥിതി ഗ്രസമാനസമന്താ തേജോപിരാപൂര്യ ജഗത് സമഗ്രം ജഗത്ത് മുഴുവൻ തന്നെ തേജസ് വ്യാപിച്ച് ഉഗ്രമായ അവിടുത്തെ പ്രകാശം പ്രഥപന്തി എല്ലാരെയും അങ്ങനെ തപിപ്പിക്കാണ് ചൂടുപിടിപ്പിക്കാണ് വേവിക്കുകയാണെന്നാണ് ഇത്രയുമൊക്കെ പറഞ്ഞിട്ട് ഇപ്പോഴാണ് അർജുനൻ ചോദിക്കുന്നത് അതെ നിങ്ങളാര ഇത്ര നേരം വിഷ്ണു വിളിച്ചു ോദിക്കയാണ് എവിടുന്നേ കൃഷ്ണനൊന്നും കാണാനില്ല അവിടെ ഗുരുവായൂരപ്പനൊന്നും കാണാനില്ല മധുരമായി മന്ദഹസിച്ച് നിക്കുന്ന രൂപം ശാന്തമായ രൂപം ഒന്നും കാണാനില്ല ഒരു ടെറിബിൾ ഫോം ഭയങ്കരമായ ഫോം അതെയ ഭട്ടതിരി ഈ നരസിംഹാവതാരത്തിന് പറയും നാരായണി എഴുതുമ്പോഴേ അങ്ങനെ കൃഷ്ണനെ ഭംഗിയായിട്ട് കോണകൊക്കെ കൊടുത്ത് നിർത്തിയതാത്രേ അപ്പോ ഇരണ്യകശിപ്പു എന്ന് ചോദിച്ചു എവിടെടാ നിന്റെ വിഷ്ണു ചോദിക്കുകയാണ് अरे ക്വാസൗ ക്വാസൗ സകല जगदात्मा ഹരി പ്രഭിന്ദേ സ്മ സ്തംഭം ചലിത കരവാളോദിതി സുത അത്രയും പറഞ്ഞു വെട്ടതിരിവാദ പശ്ചാത്ത വിഷ്ണു വധിത്തു മീശോസ്മി സഹസ കൃപാത്മൻ വിശ്വാത്മൻ പവനപുരവാസിൻ മൃഡയമാം ഇതിന് മേലയ്യോ എനിക്ക് എഴുതാമയ്യാ നാവ് വഴങ്ങണില്ല പേടിച്ചുപോയി കാരണം അവിടെ ഉള്ളില് കൊണ കൊടുത്ത് നിൽക്കുന്ന കൃഷ്ണനൊന്നും കാണാല്ലേ എന്തോ ഒരു സത്വം ഏതോ ഭയങ്കരമായ ഒരു രൂപമാണ് അവിടെ നിൽക്കണത് ഇവിടെ അർജുനൻ ചോദിക്കുകയാണ് ഭഗവാനോട് ആഹരാണ് അവിടെ നിന്ന് അടുത്ത ശ്ലോകം നോക്കൂ നമ്മളും പലപ്പോഴും ജീവിതത്തിൽ ചോദിച്ചു പോകുന്നത് േ ദവര പ്രസീത വിജാത്തച്ഛാദ്യ തവ പ്രവൃത്തി ആക്കാഹി മേക്കോ ഭഗ്രൂപോ നമോസ്തുവര പ്രസീത വിജ്ഞാത്തച്ഛാമിന്തമാദ്യം നമു പ്രവൃത്തി എന്താ പറയണ്ട് കോ ഭവാൻ ഉഗ്രൂപ ഇങ്ങനെ ഒരു രൂപം കണ്ടിട്ടില്ലേ ആരാത് നമോസ്തുദേവര പ്രസീത ഭഗവാനെ നമസ്കരിക്കാം ഹേ ദേവപര നമോസ്തുവപര പ്രസീത വിജ്ഞാതുമരാണ് ആദിപുരുഷനായ അവിടുന്ന് ആരാണ് അവിടുത്തെ പ്രവൃത്തി എന്താണെന്ന് എനിക്ക് ഒന്നും മനസ്സിലാവണില്ല എന്തിനാണ് ഇപ്പൊ ഇങ്ങനെ ഒരു ഫോം ജീവിതത്തിൽ പലതും കാണുമ്പോൾ നമ്മൾ ചോദിക്കും എന്തിനാ ഭഗവാൻ എങ്ങനെയൊക്കെ ചെയ്യണത് സുഖമായിട്ടിരുന്ന ആളുകളാണ് അവർക്ക് പോയി ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് ആരോ മരിച്ചു പോകുന്നു ചെറുപ്പത്തിൽ മരിച്ചു പോകണു വിഷമമുണ്ടാവണം ഇതൊക്കെ കാണുമ്പോ ചിലര് പറഞ്ഞു ഈശ്വരൻ ഒന്നുമില്ല എന്തെങ്കിലും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു ചിലര് പറയുന്നത് എന്തിനാ ഈശ്വരൻ ഇങ്ങനെയൊക്കെ ചെയ്യണത്വ പ്രവൃത്തി ഈ ചെറിയ ബുദ്ധി വെച്ചുകൊണ്ട് ഈശ്വരന്റെ പ്രവൃത്തികളൊന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്താ കാരണം എന്തിനു ചെയ്തു കരണം കാരണം കർത്ത വികർത്ത ഗഹനോ കരണവും കാരണവും കർത്താവും വികർത്താവും ഇൻസ്ക്രൂട്ടബിൾ ഭഗവാനെ കുറിച്ച് നമുക്ക് എന്താ പറയാ അത്രേ ഉള്ളൂ അണ്ണോ വ മിസ്റ്ററി ഈ ബുദ്ധിയുടെ മനസ്സിനും പിടിക്കൊന്നും വഴങ്ങാത്ത അഖണ്ഡമായ ആ പൂർണ്ണ വസ്തുവിനെ കണ്ട് ഭ്രമിച്ചു നിന്നുകൊണ്ട് പറയാണ് അവിടുന്ന് അവിടുത്തെ പ്രവൃത്തി എന്താണ് എന്ന് എനിക്ക് മനസ്സിലാവണില്ല ഒരു കാര്യം മാത്രം ശരി നമോസ്തു നമസ്കാരം നമസ്കാരം തേ ദേവവര ഹേ ദേവദേവ ദേവന്മാരിൽ ശ്രേഷ്ഠനായ ഭഗവാനെ നമോസ്തു ദേവവര പ്രസീത അങ്ങക്ക് നമസ്കാരം അപ്രഭാവം കാണുമ്പോൾ തനിയെ നമസ്കരിച്ചു വൈഭവം കാണുമ്പോൾ തനിയെ നമസ്കരിച്ചു അപ്പൊ ഭഗവാൻ അഡ്രസ് കൊടുക്കാണ് തൻ്റെ ഐഡന്റിറ്റി കാർഡ് കൃഷ്ണന്റെ ഐ ഡി കാർഡാണ് ഭഗവാൻ പറയുകയാണെന്ന് നോക്കൂ ശ്രീ ഭഗവാൻ ഉവാച് നമ്മൾക്ക് ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടാവും വൈകുണ്ഠപതിയാണ് ബ്രഹ്മമാണ് പരമാത്മാവാണ് ദേവകി വസുദേവ പുത്രനാണ് യശോദയുടെയും പുത്രനാണ് ധർമ്മ സംസ്ഥാപനത്തിന് വന്നതാണ് ലോകമംഗളത്തിന് വന്നതാണോ ഒക്കെ പറയും അറ്റ്ലീസ്റ്റ് ഒരു കാര്യമെങ്കിലും നമ്മൾ ഉറപ്പുണ്ടാവും വിഷ്ണുവാണ് ഇപ്പൊ ഭഗവാൻ പറയണെന്ന് നോക്കൂസ്മിമി കാലോസ്മി ലോകക്ഷയകൃത് പ്രവൃദ്ധോ ലോകാൻ സമാഹൃത്തു മിഹ sarve ഭവിഷ്യേ സ്ഥിതീക അർജുനം കാലോസ്മീ ലോകക്ഷയകൃത് പ്രവൃദ്ധ ഞാൻ ഇങ്ങനെ വർദ്ധിച്ചു വന്നിങ്ങനെ നിൽക്കുന്ന ഞാൻ ആരാ അറിയോ ഞാൻ കാലപുരുഷൻ കാലനാണ് ഞാൻ ഭൈരവനാണ് കാലന് മാത്രമുള്ള പേരാണ് കാലഭൈരവൻ രുദ്രനാണ് സംഹാരമൂർത്തിയാണെന്നാണ് എന്തിനാ വന്നിരിക്കണം ക്ഷയകൃത് പ്രവൃത്ത എല്ലാത്തിനെയും ക്ഷയിപ്പിക്കാനായിട്ട് മംഗള സർവമംഗള സ്വരൂപം സംഹാരം ഇല്ലാതാക്കുന്നത് മംഗളമാണ് നമ്മൾ വിചാരിക്കുക അയ്യോ അത് ഭയങ്കരമായ രൂപം നശിപ്പിക്കണ രൂപം എന്നൊക്കെയാണ് വിചാരിക്കുന്നത് മംഗളം സർവമംഗളമായ സ്ഥാനം അതാണ് ഭഗവാൻ ശ്മശാനത്തിൽ പോയിരുന്നത് ശരീരത്തിനെ എരിച്ചു കളഞ്ഞാൽ അതുപോലെ ഒരു മംഗളമായ സ്ഥലമുണ്ടോ ധ്യാനിക്കാൻ പറ്റിയ സ്ഥലം അവിടെ പോയിരുന്നു കാശിക്ക് പേരും ആ ോകക്ഷയകൃപ്രവൃത്ത ലോകത്തിനെ സൃഷ്ടിച്ച ഞാൻ തന്നെ അത് സംഹരിക്കാൻ നിൽക്കണം സർവാൻ സമാഹർത്തുമിഹ പ്രവൃത്ത എല്ലാരെയും ചുരുട്ടി കൂട്ടാനായിട്ട് ഞാനിപ്പോ റെഡി ആയിരിക്കും സമാഹർത്തും വീണ്ടും ടു വിത്ത് ഡ്രോ ടു സ്വാളു സർവാൻ സമാഹർത്തുമിഹ ഞാൻ ഇപ്പോ യുദ്ധം ചെയ്തിട്ടില്ലെങ്കിൽ അങ്ങ് എന്ത് ചെയ്യും ഹൃദയം ഭവിഷ്യന്തി സർവേ നീ വേണമെന്ന് വിചാരിച്ചിരിക്കുക ഈ യുദ്ധം നീ വെറുതെ വെറു ഒരു ഒരു കളിപ്പാട്ടം നീ ഇല്ലെങ്കിലും ഇവരൊക്കെ ഉണ്ടാവാൻ പോണു എന്നാണോ വിചാരുന്നുണ്ട് ഡു യു തിങ്ക് യു ആർ ഇൻഡിസ്പെൻസിബിൾ ന ഭവിഷ്യന്തി ഏ അവസ്ഥിതാ ഹ്രത്യനീകേഷു യോദ്ധാഹ അത് അവിടെ നിൽക്കണ്ടല്ലോ ഭീഷ്മർ ദ്രോണർ ഇവർ ഇവരെ കൊല്ലാൻ നിന്റെ ആവശ്യമൊന്നുമില്ലാ നിനക്ക് തത്കാലത്തിന് നിന്നെ ഒരു കാരണമാക്കി ഞാൻ വച്ചിരിക്കുന്നു അത്രേയുള്ളൂ ഞാൻ യുദ്ധം ചെയ്യില്ല എന്ന് പറയാൻ പോലും നിനക്കൊന്നും നീ ഇല്ലെങ്കിലും ഇതൊക്കെ നടക്കും എല്ലാം ഇതാണ് ലോക ചരിത്രത്തിന് പുറകിലുള്ള രഹസ്യം പലരെയും പലത്തിനും നമ്മൾ കാരണം പറയുമ്പോ അവരുടെ പുറകിലൊക്കെ ഈ ശ്ലോകം ഓർത്തോളണം ഇത് നടക്കും നമ്മൾ വിചാരിക്കുകയാണ് ഇവരെ കൊണ്ടാണ് നടന്നത് ഇവരാണ് നശിപ്പിച്ചത് ഇവരെല്ലാം നശിപ്പി അവരൊക്കെ എടുത്തു മാറ്റിയ ലോകം നന്നാവോ അപ്പോഴും ദുഃഖം നടക്കും ആരും ഇവിടെ കർത്താവല്ല നമ്മൾ വിചാരിക്കുന്നു നമ്മളാണോ കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും നടത്തുന്നത് നമ്മളെ കാരണം ചിലർക്കും എല്ലാം മോശമായി പോകുന്നു നമ്മൾ വിട്ടുനിന്നാൽ അതേപോലെ തന്നെ ആവും നമ്മൾ പ്രവർത്തിച്ചാൽ അതേപോലെ തന്നെ ആവും ഈശ്വരന്റെ കയ്യിൽ എല്ലാവരും ഒരു നിയതി യന്ത്രം മാത്രാണ് ഭഗവാൻ പറയുകയാണ് ഞാൻ കാലപുരുഷനാണ് സർവാൻ സമാഹർത്തമ പ്രവൃത്ത ശിവാനന്ദ ലഹരിയിൽ ആചാര്യസ്വാമി പറയണം സംഹാരമൂർത്തി എങ്ങനെ ആനന്ദസാന്ദ്രോ ഭവാനെന്നാണ് ആനന്ദസാന്ദ്രനായിട്ടാണ് സംഹാരം ചെയ്യേണ്ടത് സംഹാരം എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് കൊതുകിനെ അടിക്കണേ അത്രേ ഉള്ളു ഭഗവാന് നമുക്കത് വലിയ കാര്യമായിട്ട് തോന്നുന്നുണ്ടോ എന്നാലോചിച്ച് നോക്കും നമുക്ക് വല്ല വിഷമം തോന്നുന്നുണ്ടോ അതില് അല്ലെ ഈശ്വരന്റെ വിശ്വരൂപത്തിൽ നമ്മൾ കൊതുകിനോളം പോലും ഇല്ല നമ്മള് നമുക്ക് ഇത്രയൊക്കെ വിഷമം ഉണ്ടാവണം നോക്ക് കഴിഞ്ഞു കഴിഞ്ഞു ഹൃദേവിം ഭവിഷ്യന്തി സർവേ അതുമില്ല എത്ര കാലം ജീവിക്കും കുറച്ചു കാലം കഴിഞ്ഞാൽ ഏതെങ്കിലും വിധത്തിൽ മരിക്കും യുദ്ധത്തിൽ മരിക്കും അതാണ് ഭാഗവതത്തില് വൃത്തനൻ മരണത്തിൽ യുദ്ധത്തിൽ മരിക്കണോപ്പാന്നാണ് പെട്ടെന്ന് മരിക്കും എന്ത് ഗംഭീരം മരണം എന്നാണ് ഇതല്ല അത് ചുമച്ച് ചുമപിടിച്ച് ആസ്പത്രി കിടന്ന് ജലദോഷം പിടിച്ച് പോയി ട്യൂബ് എടുത്താ മരിക്കുന്നു എടുത്തപ്പോ എണീറ്റൂ മക്കൾക്കൊക്കെ ഒരേ ഷോക്ക് ബിൽപത്രമൊക്കെ ശരിയാക്കി വെച്ചതാണ് അപ്പോഴാണ് എണീറ്റ് വരുന്നത് പിന്നെയും ഒരു പത്ത് വർഷം അതുകഴിഞ്ഞ് പിന്നെയും ആസ്പത്രിക്ക് കൊണ്ടുപോയി ഇങ്ങനെ മരിക്കണതിൽ എന്ത് രസുള്ളത് എല്ലാരും ഇല്ലേ പോയില്ല ആ പോയില്ല ആ പോയില്ല പോയില്ല ഇങ്ങനെ കിടന്നിട്ട് യുദ്ധത്തിൽ നമ്മൾക്ക് ഒരു ഡയമെൻഷനും നോക്കുമ്പോഴാണ് ആക്സിഡന്റ് ദുർമരണം എന്നൊക്കെ പറയണു ക്ഷണത്തില് കഴിഞ്ഞു എന്നാ ആലോചിച്ചു നോക്കാം ഒരു ബോംബ് മരിച്ചു ക്ഷണത്തില് കഴിഞ്ഞു ഈശ്വരന്റെ നിശ്ചയാണ് നീ ആരാ തീരുമാനിക്കാൻ ചിലതുണ്ട് എവിടെ കിടന്നാലും മരിക്കില്ല പെരിച്ചാഴിയാണ് ബോംബ് വീണാലും മരിക്കില്ല എന്ന് പറയുന്നത് അതുപോലെ ചിലതുണ്ട് എന്ത് എവിടെ കിടന്നാലും അവർക്ക് മരണം വരില്ല എന്തിലും മരണം വരില്ല പിന്നെയും വരും എന്താണെന്ന് വെച്ചാൽ പ്രാരബ്ധണ്ട് അനുഭവിക്കാൻ നീ എത്ര ആളുകളും ഉപദ്രവിക്കാൻ കിടക്കണു ചില രാഷ്ട്രീയക്കാരൊക്കെ നോക്കൂ തൊണ്ണൂറ് വയസ്സ് എൺപത്തിയഞ്ച് വയസ്സൊക്കെ ആയിട്ട് ലോകാമംഗള പ്രവർത്തനങ്ങളുമായിട്ട് അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും എന്തേന്ന് വെച്ചാൽ സമയമായിട്ടില്ല ഭഗവാൻ പറയാ ഞാനാണോ അവരെ നിർത്തിയിരിക്കണത്തതാണ് ഓരോരുത്തർ സ്റ്റഫ് ചെയ്ത് വെച്ചിട്ടാണോന്ന് തോന്നുന്നു നമുക്ക് എന്നാലും ഇരിക്കും അപ്പൊ മരിക്കാൻ കിട്ടുക എന്ന് പറയുന്നത് ഒരു വലിയ ഭാഗ്യാണ് ജീവന് ദാഹിക്കും അവസാനമാവുമ്പോ മരിക്കാൻ ദാഹം ഉണ്ടാവും വിശപ്പുണ്ടാവും നല്ല പായസ അടപ്രദം കഴിക്കണ പോലെ വിശക്കും മരണത്തിന് അതിനൊരു ആഗ്രഹം വരണ പോലെ മൃത്യുഹു യസ്യ ഉപസേചനം ഉപസേചനം എന്ന് നല്ല മധുരമായി ഇഷ്ടപ്പെട്ട് കൂട്ടിക്കഴിക്കേണ്ടതെന്നാണ് ശ്രുതി വരണത് മൃത്യുവിനെ അങ്ങനെ ആശിച്ചു നിൽക്കുമെന്നാണ് ഉത്സവമായിട്ട് കരുത്തും അപ്പൊ ഭഗവാൻ കാലപുരുഷനായിട്ട് വരണമെന്ന് വെച്ചാൽ അതൊരു കുറവൊന്നുമല്ല അപ്പോ നമുക്ക് മരിക്കണ സമയത്ത് എവിടെ പോണു ഭഗവാന്റെ അടുത്താണ് പോണതേ മരണത്തിന് എന്തിനു ഭയപ്പെടണം ഈശ്വരന്റെ അടുത്ത് ഈ പ്രാരബ്ധ ശരീരം വൃത്രൻ ഭാഗവതത്തിൽ പറഞ്ഞു ഇന്ദ്ര ഈ ശരീരത്തിന് വെട്ടു നീ മെനക്കെട്ട് തപസ് ചെയ്ത് വജ്രായുധമൊക്കെ വാങ്ങിച്ചോണ്ട് വന്നിരിക്കുന്നത് ഇത് വെട്ടിക്കളയുക കാരണം ഇത് കാരണം ഈ അസുര സ്വഭാവം എന്നെ വിട്ടു പോണില്ല ഇതങ്ങോട്ട് പോയാൽ നദി സമുദ്രത്തിൽ ചേരുന്ന പോലെ ഞാൻ ഹരിയുടെ കൂടെ ഒന്നായിട്ട് തീരും അഖണ്ഡമായ ഭഗവാന്റെ ശരീരത്തിൽ ഞാൻ ലയിച്ചു ചേരും മുനികൾ പ്രാപിക്കുന്ന പദത്തിനെ ഞാൻ പ്രാപിക്കാൻ പ്രതിബന്ധമായിട്ട് നിൽക്കുന്നത് ഈ ദേഹമാണ് അതുകൊണ്ട് ഇന്ദ്ര നീയാണ് എനിക്ക് ഏറ്റവും വലിയ സുഹൃത്ത് എന്നെ കൊല്ലാനായിട്ട് തപസ്സ് ചെയ്ത് ഒരു വജ്രായുധം വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുന്നു കൊണ്ടുവന്ന് വെട്ടാന്നു എന്തൊരു കരുണയാ കാരണം എനിക്ക് ചാവാനൊരു നിവൃത്തിയില്ലാതിരിക്കുക ഞാൻ എന്റെ അച്ഛന്റെ വരം കാരണം അതുകൊണ്ട് നീ ഭഗവാന്റെ അടുത്ത് എനിക്ക് അനുഗ്രഹം ചെയ്യാനായിട്ട് നീയും ഭഗവാന്റെ ഒരു സ്വരൂപം എന്നെ അനുഗ്രഹിക്കാനായി തപസ് ചെയ്ത് ഒരു പ്രത്യേക ആയുധം സ്പെഷ്യലായിട്ട് പ്രിപ്പയർ ചെയ്തോണ്ട് വന്നിരിക്കുകയാണ് വെട്ടിക്കളയൂ ശരീരം സ്വരൂപം ഈശ്വരൻ കാലൻ ആ ഒരു ഡിപ്പാർട്ട്മെന്റ് മാത്രം കുറവേയില്ലാതെ നടന്നുകൊണ്ടിരിക്കണത് കൊണ്ട് നമ്മൾ ഇങ്ങനെ രക്ഷപ്പെട്ടു പോകുന്നു സമയത്തില് മൃത്യു അനായാസേന മരണം വിനാദൈന്യേന ജീവിതം എന്നൊക്കെ നമ്മള് പ്രാർത്ഥിക്കും മരണം എങ്ങനെ വരുന്ന ആർക്കറിയാം മരണം ജ്ഞാനം തന്നെ ഒരു വിധത്തിൽ മരണമാണ് ജ്ഞാനം ഒരു വിധത്തിൽ മരണമാണ് ജ്ഞാനം വരുമ്പോ അയാൾക്ക് ശരീരമില്ല പിന്നെ മനസ്സില്ല ശരിയായ മൃത്യു ഇവിടെ സമാധി ഒരു മൃത്യുവാണ് ആത്മാനുഭൂതി ഒരു മൃത്യുവാണ് ആത്മസാക്ഷാത്കാരം ഒരു മൃത്യുവാണ് ശിവൻ ശിവന്റെ ദർശനം യൻ ഉജ്വലതാണ്ഡവം വിജയത്തെ ആ ഭഗവാന്റെ താണ്ഡവം എന്ന് പറയുന്നത് എന്താ കാലമാണ് അല്ലേ ആ കാലപുരുഷന്റെ താണ്ഡവമാണ് ആ കാലപുരുഷനെ മുമ്പിൽ കണ്ടു കാലപുരുഷനായി ഭഗവാൻ നിന്നു ഹേ അർജുന ഞാൻ എല്ലാവരെയും സംഹരിക്കാനായിട്ടാണ് ഈ രൂപം ധരിച്ചിരിക്കുന്നത് നീയോ ഭീമനോ ആരും എനിക്ക് വേണ്ട ഞാൻ വിചാരിച്ചാൽ തനിച്ച് നിന്ന് ഈ യുദ്ധം അവസാനിപ്പിക്കും ഇടയ്ക്ക് ഇടയിലൊക്കെ കയറി പറയുന്നുണ്ട് മഹാഭാരത യുദ്ധത്തിന്റെ നടുവിൽ അർജുനൻ ശരിക്കും യുദ്ധം ചെയ്യാത്തപ്പോ പറഞ്ഞു നീ ആ അമ്പുമ്പിലും ഒക്കെ എടുത്ത് മാറ്റി വെക്കാൻ ഞാൻ ഇപ്പൊ തീർത്ത് കളയാന്നാണ് ഭീഷ്മരുടെ അടുത്ത് മുമ്പിലൊക്കെ പോയി ചെല്ലുമ്പോ ശരിക്കും യുദ്ധം ചെയ്യില്ല അതൊരു അർജുനൻ അപ്പൊ പറയും നീ ഇങ്ങനെ ഞഞ്ഞ മിഞ്ഞെന്ന് പറഞ്ഞിരുന്നുള്ളൂ ഞാൻ യുദ്ധം ചെയ്തേ ഇന്നത്തെ കൊണ്ട് ഞാൻ വൈകുന്നേരത്തോടെ യുദ്ധം അവസാനിപ്പിക്കാം എന്നൊക്കെ പറയും ഭഗവാൻ നല്ല തുരു തുരു തുരു തുരു തു വേഗം അങ്ങോട്ട് കളി കഴിക്കണം എന്നാണ് ഇപ്പൊ അഞ്ചു ദിവസം ടൊക്ക് ടക്കൊന്നും ഭഗവാൻ പറയണത് വൺ ഡേ മാണിങ്ങനെ വെറുതെ വേണ്ട സമാഹർത്തമിഹ പ്രവൃത്ത ഋതേപി ത്വം ഭവിഷ്യന്തില്ലെങ്കിലും ഇവരെയൊക്കെ ഞാന് തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് അർജുന ഈ മുമ്പിൽ നിൽക്കുന്നതൊക്കെ നിനക്ക് വേണമെങ്കിൽ യുദ്ധഭൂമിയിൽ വരി വരിയായി നിൽക്കുന്ന ആളുകളായിട്ട് നിനക്ക് തോന്നുമായിരിക്കാം എന്റെ കണ്ണില് ഇവൻ ഭീഷ്മരാണ് ഇവരുദ്രോണനാണ് ഇവൻ ദുര്യോധനനാണ് എന്നെ സംബന്ധിച്ചിടത്തോളം കാളൻ ഓലൻ പപ്പടം പായസം അച്ചാറ് മോര് തൈര് ഇതൊക്കെയാണ് മുമ്പിൽ നിൽക്കുന്നത് കുറ്റപ്പുട്ടികൾ കുറ്റി കുറ്റിയില് അങ്ങനെ പുട്ട് നിക്കണ പോലെയാണ് അവരൊക്കെ നിക്കണത് എടുത്ത് വിഴുങ്ങാൻ എത്ര നേരം വേണം സർവാൻ സമാഹർത്തുമിഹ പ്രവൃത്ത വേഷപ്പോടെയാണ് നിക്കണത് എന്നാണ് ആളും മിണ്ടാതെയാണ് ഇരിക്കണത് അതിനകത്ത് അല്ലേ രഥത്തില് പക്ഷെ അത്ര സഹിക്കവയ്യാത്ത വിശപ്പ് വെണ്ണം തിന്നിട്ടൊന്നും ശരി വെണ്ണയൊക്കെ അപ്പിറ്റൈസർ കഴിച്ചതാണ് ഇവരെയൊക്കെ കഴിക്കാനായിട്ട് പണ്ട് വൃന്ദാവനത്തിൽ കഴിച്ച വെണ്ണയൊക്കെ വെറും അപ്പിറ്റൈസർ നല്ല വഴുവഴുവഴു നാക്കിയത് ഉള്ളിൽ പോയാൽ ശരിയാവും അതുകൊണ്ട് വെറും അപ്പിറ്റൈസറാണ് അവിടെ വെണ്ണ കെട്ടതൊക്കെ ഇവരെയൊക്കെ വിഴുങ്ങണം സർവാൻ സമാഹർത്തുമിഹ പ്രവൃത്ത അനുഗ്രഹമാണ് കൃപയാണ് ഭവിഷ്യന്തി സർവേ ഏ അവസ്ഥിതാപ്രത്യനീകേഷൻ ഭീഷ്മർ അതാണ് സ്തുതിക്കുമ്പോ പറയണത് ആ യുദ്ധഭൂമിയിൽ വന്ന് നിന്ന് എല്ലാരെയും അങ്ങനെ നോക്കിയത്രേ നോക്കുമ്പോ തന്നെ എല്ലാം തീർന്നു ആ രഥത്തിൽ കയറിയിരുന്ന് എല്ലാരെയും അങ്ങനെ അങ്ങനെ നോക്കിയപ്പോ എല്ലാ അവസരം കഴിഞ്ഞു കഥ കഴിഞ്ഞു എങ്കിലും ഒരു ഒരു എണ്ഡുണ്ടല്ലോ അതിനുവേണ്ടി ഇടയ്ക്ക് അർജു ശിയ കൃഷ്ണനെ ഉപദ്രവിച്ചു ഭീഷ്മർ അസ്ത്രം എഴുതിട്ട് അർജുനനെ തടുക്കാൻ വയ്യാത്ത വിധത്തിൽ കൃഷ്ണന്റെ മേലെയൊക്കെ അസ്ത്രം എഴുതപ്പോ കൃഷ്ണൻ അവസാന ചക്രം എടുത്ത് ചാടി അപ്പൊ ഭീഷ്മൻ പറഞ്ഞു ഇതിനു വേണ്ടിയാ ചെയ്തത് വരും അപ്പോഴേക്ക് അർജുനൻ പോയി കാലുപിടിച്ച് കൈ പിടിച്ച് കരഞ്ഞ് വിളിച്ചുകൊണ്ട് വന്നു അങ്ങനെ ഹേ അർജുന നീ ഇല്ലെങ്കിലും ഈ യുദ്ധത്തിൽ ഞാൻ എല്ലാവരെയും സംഹരിക്കുന്നതാണ് അതുകൊണ്ട് ഭഗവാന ഇടയ്ക്കിടയ്ക്ക് പറയണ വാക്കാണ് അതുകൊണ്ട് തസ്മാ യശോലസ്വ ജി ശത്രുൂന്ഭുങ് സ്വരാജ്യം സമൃദ്ധം മയൈവേ തേ നിഹതാ പൂർവമേവ നിമിത്തമാത്രം ഭവസവ്യസാചിൻ നിനക്ക് സവ്യസാചി എന്ന് പേര് എന്താന്ന് വെച്ച വലത് കൈ കൊണ്ടും അമ്പയ്യാൻ പറ്റും ഇടത് കൈ കൊണ്ടും അമ്പയ്യാൻ പറ്റും ഇടത് കൈ ഉപയോഗിക്കുന്നവനായതുകൊണ്ട് സവ്യസാചി എന്ന് പേര് ഇടം കയ്യനാണ് ഇടം കൈ കൊണ്ടും അമ്പയ്യാൻ പറ്റും വലത് കൈ കൊണ്ട് അല്ല ഇടത് കൈ കൊണ്ടും മാത്രം ചെയ്യല്ല രണ്ട് കൈ ഉപയോഗിക്കും അതുകൊണ്ട് അർജുനന് സവ്യസാചി എന്ന് പേര് ഹേ സവ്യസാക്ഷിയായ അർജുന നനക്കിത്രയൊക്കെ പേരും പ്രസിദ്ധിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ വെറുതെ ഞാൻ ഉണ്ടാക്കിയതാ അതൊന്നും നിന്റെ ഒന്നുമല്ല തസ്മാത്വം ഉത്തിഷ്ഠനം എനിക്കിട്ടോ യശോലപസ്വ കൊണ്ടുപോയി ചെന്ന് യുദ്ധം ചെയ്തിട്ട് നാളെ പേപ്പറിലൊക്കെ നിന്റെ പേര് വരും വരട്ടെ ചെയ്യിച്ചിട്ട് ഭൂങ്ഷരാജ്യം സമൃദ്ധം സമൃദ്ധമായി രാജ്യം അനുഭവിച്ചുള്ളൂ ഞാൻ നിഹതാപൂർവമേവ പണ്ട് തന്നെ ഞാൻ ഇവരെ ഒക്കെ കൊന്നുകഴിഞ്ഞു നിമിത്തമാത്രം ഭവ സവ്യസം നീ വെറും ഒരു നിമിത്തമായിട്ട് തീരാ നീ വെറും ഒരു കാരണമായിട്ട് തീരാ ഇത് നമ്മൾ എപ്പോഴും ലോകത്തിൽ ഓർക്കേണ്ട ഒരു വാക്കാണ് നിമിത്തമാത്രം ഭവ ഭഗവാന് പ്രവർത്തിക്കാൻ നമ്മൾ വെറും നല്ലതാണെങ്കിലും അതെ ചീത്തയാണെങ്കിലും നിമിത്തം നിമിത്തം മാത്രമായിട്ടിരുന്നാൽ നമുക്ക് ഈഗോ ഇല്ല അഹങ്കാരമൊന്നുമില്ല ഈശ്വരം പ്രവർത്തിക്കണു ഞാൻ പറയും യന്ത്രം നിമിത്തമാത്രം ഭവസവ്യസാചിൻ എന്ന് പറഞ്ഞ് ഭഗവാൻ അർജുനനെ ബോധിപ്പിക്കാണ് തുടർന്ന് നമ്മള് നാളെ കാണും ഹരേ രാമ ഹരേ രാമ രാമ രാമ ഹരേ ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ േ രാമ രാമ രാമ ഹേ ഹരേ ഹണ ഹരേ കഷ കൃഷ്ണ ഹരേ ഹേ യോ മമാത്മാവേ ത്വമ തോ ന വാച്യം മമ കിഞ്ചിസ്തിയേഷ്ടം കൂരുമാ ം ആത്മനാഥം രമണം ഭ